ഓ മനുഷ്യരേ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെടുവീൻ ഒരു പിതാവിനും തൻറെ മകനു വേണ്ടിയോ ഒരു മകനും തൻറെ പിതാവിനുവേണ്ടിയോ യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുവീൻ തീർച്ചയായും അല്ലാഹുസുബഹാനഹൂവ തയാലായുടെ വാഗ്ദാനം സത്യമാകുന്നു അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കരുത് വഞ്ചകനായ പിശാജ് അള്ളാഹുസുബഹാനഹുവ തയായാലെക്കുറിച്ച് നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യരുത്